ഗുരുസ്മരണയോടുകൂടി കനിഷത് ദ്വീയ അധ്യായം വായിക ദ്വിതീയാധ്യായം പ്രഥമ വന്യ ഒന്നാമത്തെ മന്ത്രം स्वयंभू പരാഞ്ജിഘാനീം വ്യതിനത് സ്വയംഭൂ തസ് പരും പശ്യത്തിനന്ത കിദ്ധീര പ്രത്യത്മാനമൃത്തുരമൃത പരാ ചാമാൻ അനുയന്തി ബാളാ േ മൃത്യോര്യന്തി പാശം അഥ ധീരാമൃതം വിദിത് ധ്രുവ്രുവേഷ്യഹ നൈ യം രസം ഗന്ധം ശബ്ദസ്പർശ്ച മൈഥു പരിശിഷ്യത്തെ തൈ തത് സ്വപ്നന്ദം ജാഗരിതോഭോ എേനു പശ്യത്തി മഹാന്ം വിഭുമാത്മാനം ീരോ നോചത്തിന്തികൂതഭവ്യജുഗുസത്തെ യൂർവം തപസോ ജാതൃ പൂർവം അജാത ഗുഹം പ്രവിശ്യ തിഷന്ദം യോ ഭൂതേഭ്യപശ്യതവൈ തത് ാണേന സമ്പവത്തി भी, श्थंदी, श्थंदी। फिर ർദു പ്രവിശ്യ തിഷന്ത്യേതോർവ സുഹൃത്തു ഗർഭീഭ ോ ജാഗ്രവദ് ഹിർ മനുഷ്യ അത് യോദേതി സൂര്യോ അസ്ത सर्वे अर्पिता േ അർപ്പ തീതി കൈ തദ്ഹ തദ് മൃത്യോ സമൃതിമാപ്പോതി യൈഹ നാനീവ പശ്യത്തി अंगुष्ठ अंगुष्ठ पुरुषो मनसे नेह नानास्ति മനസ്സേദന മൃതോത്ംഗുരുഷോ മധ്യാത്മനി തിഷത്തി नततो ഈശാനോ നോ വിജഗുപ്സതി ഏതത്വ അംഗുഷ്ടപുരുഷോ ജ്യോതിർജീവധൂമകൂതഭ്യേവാദ്യസുസ്വ എത്തോദഗം ദുർഗേ പൃഷ്ട പേം ധർമാൻ പൃഥക് പശ്യൻ തഥോദം ശുദ്ധേ ശുദ്ധം ആസക്തം താദൃവേതി ധ്യായത്തിന്റെ ഒന്നാമത്തെ ഭാഗം പ്രഥമവന്ദി ഇതിന് പൂർവഭാഗമായിട്ടുള്ള ബന്ധം എന്താണ് അതാണ് ആദ്യം ഭാഷകാരനോട് ചർച്ച ചെയ്യുന്നത് പ്രകാശത്തെ ദൃശ്യതം പറഞ്ഞ കാര്യമാണ് സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഈ ആത്മാവ് ഇത് ഗൂഢാത്മാവാണ് ഒളിഞ്ഞിരിക്കുകയാണ് സർവർക്കും ഇത് പ്രകടമാകുന്നില്ല എന്നാൽ അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ കഴിയുന്നു എന്നും മറ്റും പറഞ്ഞിട്ടുണ്ട് അഗ്രിയായ സൂക്ഷ്മ ബുദ്ധിക്ക് പ്രതിബന്ധ കഹ എന്താണ് പ്രതിബന്ധമായിരിക്കുന്നത് സൂക്ഷ്മബുദ്ധി ഉണ്ടാകുന്നതിന് ആത്മാവ് വെളിപ്പെടുന്നതിന് അനാദിയായിരിക്കുന്ന പ്രതിബന്ധം അതെന്താണ് ഏന തത് അഭാവാദ് ആത്മാനദൃശ്യ ഇതി എന്ത് കാരണം കൊണ്ടാണ് ഏതൊന്നുമില്ലാത്തത് കൊണ്ടാണ് ആത്മാനദൃശ്യതി ആത്മാവ് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല ചിലവർക്കും ണ പ്രദർശനാർത്ഥ വലിയ ആത്മാവ് അനുഭവവേദ്യമാകുന്നില്ല അതിന്റെ കാരണങ്ങളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തത് അദർശന കാരണ പ്രദർശനാർത്ഥ അദർശന കാരണത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി വല്യ ആരഭ്യതയെ അടുത്ത വലി തുടങ്ങിയാണ് വിജ്ഞാദേഹി ശ്രേയപ്രതിബന്ധകാരനെ തത് അപനയനായ ശ്രേയപ്രതിബന്ധകാരനെ ശ്രേയപ്രതിബന്ധ കാരണം ശ്രേയസിന് പ്രതിബന്ധമായിരിക്കുന്ന ആ കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശ്രേയസിന് പ്രതിബന്ധമായിരിക്കുന്നത് എന്താണ് മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തത് അപനയനായ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യത്ന ആരബ്ധും ശക്തി യത്നം പ്രയത്നം ആരംഭിക്കുന്നതിന് കഴിയും നാന്യത അതാ കഴിയത്തില്ല എന്താണ് ഇതിന് തടസ്സം എന്ന് മനസ്സിലാക്കിയാൽ ആ തടസ്സത്തെ നീക്കുന്നതിന് യത്നം പ്രയത്നം തുടങ്ങാം നാന്യത അതിനെ അറിയാതെ പ്രതിബന്ധ കാരണത്തെ അറിയാതെ അതുകൊണ്ട് മോക്ഷത്തിന് പ്രതിബന്ധമായിരിക്കുന്നതെന്തോ അതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത് എന്നാണ് എന്നിട്ട് ഒന്നാമത്തെ മന്ത്രത്തെ വ്യാഖ്യാനിക്കുകയാണ് പരാതി നന്ദരാത്മൻ ക്ഷുരമൃതമിന്റെ ഭാഷമാണ് പരാഞ്ചി പരാഞ്ചി ഖാനി അതിനെ വ്യാഖ്യാനിക്കുകയാണ് പരാഞ്ചി എന്നുള്ള ശബ്ദം പരാഞ്ചി എന്ന് പറയാൻ എന്താണ് പരാഗ് അഞ്ചന്തി പരാഗ് പുറത്തേക്ക് ബാഹ്യമായി അഞ്ചന്തി അതിന്റെ അർത്ഥമാണ് പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പരാഞ്ചി എന്നതിന്റെ അർത്ഥം ബഹിർമുഖമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണത് ഖാനി ഖം എന്ന് പറഞ്ഞാൽ ആകാശം ഒന്നാണ് സാധാരണ എന്താണ് തത് ഉപലക്ഷിതാനി ശ്രോത്രാധീനി ഇന്ദ്രിയാണ് ഖാനിറ്റുതെ ഖം എന്നുള്ള ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഉപലക്ഷിതമായിരിക്കുന്നു ശ്രോത്രം തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയാണ് അവയാണ് ഖാനി എന്ന് പറയപ്പെടുന്നത് അപ്പൊ ഖാനി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പരാഞ്ചി എന്ന് പറഞ്ഞാൽ ബഹിർമുഖമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാഞ്ചി ഖാനി ബഹിർമുഖങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവ ശബ്ദാദിവിഷയപ്രകാശനായ പ്രവർത്തന്ദേവ് ബഹിർമുഖങ്ങളായി തന്നെ ശ്രോത്രാദീൻ ഇന്ദ്രിയാണ് ഈ ആ ശ്രോത്രാദി ഇന്ദ്രിയ സ്ത്രോത്രാദി ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് തർക്കമില്ല അത് ബഹിർമുഖങ്ങളായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവന്തു ചെയ്യുന്നു ശബ്ദാദി വിഷയ പ്രകാശനായ ശബ്ദസ്പരസരൂപസഗന്ധ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ വിഷയങ്ങളെ ജീവനെ ബോധിപ്പിക്കുന്നതിന് അറിയിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തന്റെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ബാഹ്യ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക എന്നു പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ബോധം ജീവന് കൊടുക്കുക അതിനുവേണ്ടി അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തോടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഖാനി പരാഞ്ചി ആ ഇന്ദ്രിയങ്ങൾ ബദർമുഖങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു യസ്മാദേവം സ്വാഭാവികാനിതാനി ഇവെന്താണ് സ്വാഭാവികമാണ് അനാദിയായി സഹജമായി തന്നെയിരിക്കുന്നു ഇവേ ഹിംസിത ഹനനം കൃതവാൻ െ ഈ ഇന്ദ്രിയങ്ങളെ ഇത്തരത്തിൽ ബഹിർമുഖങ്ങളാക്കി എന്തു ചെയ്തിരിക്കുന്നു വിതരണത് ഹിംസിതവാൻ അതിനെ ഹിംസിച്ചു ഹനനം കൃതവാൻ നശിപ്പിച്ചിരിക്കുന്നു എന്നത് അവയെ സൃഷ്ടിച്ചു അവയെ നശിപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായി അവയെ വിതരണത്ത് ഹിംസാർത്ഥത്തിലുള്ള ധാതു വേതന എന്നുള്ള ശബ്ദമുണ്ടാകും നമ്മൾ പറഞ്ഞാൽ അത് എന്നെ അങ്ങനെ ഹിംസിച്ചിരിക്കുകയാണ് നശിപ്പിച്ചിരിക്കുകയാണ് ആ ഇന്ദ്രിയങ്ങള് സൃഷ്ടിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഹനനം കൃതവാൻ ഇത്യർത്ഥ ആരാണിത് ചെയ്തത് ഇന്ദ്രിയങ്ങളിങ്ങനെ ബഹുർമുഖങ്ങളാക്കി സൃഷ്ടിച്ച് ഇതിനെ ഇത്തരത്തിലാക്കിയതാരാണ് സ്വയംഭൂഹു പരമേശ്വര പരമേശ്വരൻ തന്നെ മറ്റാരും കണ്ട സൃഷ്ടികർത്താവ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞെന്താണ് സ്വയം സ്വതന്ത്രനായിരിക്കുന്നവനാണ് പരമ ഈശ്വരൻ ഇപ്പോ സർവതാഭവതി സദാസ്വതനായിരിക്കുന്നതാണ് പരമേശ്വരൻ ആ പരമേശ്വര ശബ്ദത്തിന്റെ അർത്ഥത്തെ പറഞ്ഞാണ് സ്വയം സ്വതന്ത്രനായിരിക്കുന്നവൻ പരതന്ത്ര പരതന്ത്രനല്ല മറ്റൊന്നിന അധീനനല്ല സ്വതന്ത്രം സർവം സ്വാധീനമായിരിക്കുന്നവൻ തന്ത്രം എന്ന് പറഞ്ഞാൽ അധീനം പരതന്ത്രം എന്ന് വെച്ചാൽ മറ്റൊന്നിനധീനം സ്വതന്ത്രം എന്ന് വെച്ചാൽ തനിക്ക് അധീനം സർവവും അങ്ങനെ സ്വതന്ത്രനായിരിക്കുന്നവൻ സർവവും തനിക്കധീനായിരിക്കുന്നവൻ അങ്ങനെയുള്ള പരമാത്മാവ് തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച് നശിപ്പിച്ചത് അങ്ങനെ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് നശിച്ചിരിക്കുന്ന വാസ്തുവതി ആരാണ് ആ ജീവൻ ആ ജീവന്റെ നാശം എന്താണ് ഈ സംസാര ബന്ധനത്തിൽപ്പെട്ടു ഉഴന്നുകൊണ്ടിരിക്കുന്നു അതാണ് അതിന്റെ നാശം മോക്ഷം നേടാനാകാതെ അതിങ്ങനെ സംസാരത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളിലൂടെ ആ ജീവനെ ഹിംസിച്ചിരിക്കുകയാണ് അത് പരമേശ്വരൻ തന്നെയാണ് അത് ചെയ്തത് മറ്റാരും അല്ല എന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് പരാഗ്രൂപാൻ അനാത്മഭൂതാൻ ശബ്ദാദീൻ പശ്യതി ഉപലഭ ഉപലബ്ധ സ്മ അതുകൊണ്ട് ഇങ്ങനെ ഇവയെ ബഹുർമുഖങ്ങളായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് എന്തു ചെയ്യുന്നു പരാങ് ബാഹ്യങ്ങളായവ അതാണ് പരാങ് പുറമേ എന്താണ് പരാഗ് രൂപാൻ രൂപരസാദി വിഷയങ്ങളെ പരാഗ് വസ്തുക്കളെ ബാഹ്യങ്ങളായ വസ്തുക്കളെ എങ്ങനെ അനാത്മഭൂതാൻ അതൊന്നും ആത്മാവല്ല ജഡവസ്തുക്കൾ ആ ജഡവസ്തുക്കളെ എന്താണത് ശബ്ദാധീൻ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ജടവസ്തുക്കളെ പശ്യതി കാണുന്നു അറിയുന്നു ജീവൻ അറിയുന്നു ഇന്ദ്രിയങ്ങളിലൂടെ അവയെ ബഹുർമുഖങ്ങളാക്കിയതുകൊണ്ട് അവ വിഷയങ്ങളെയാണ് അറിയുന്നത് ഉപലഭതയെ അവയെ സാക്ഷാത്കരിക്കുന്നു ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നില്ല വിഷയങ്ങളെ സാക്ഷാത്കരിക്കുന്നു ഉപലബ്ധ അതിൻ്റെ ഉപലബ്ധാവായിരിക്കുന്നു വിഷയഗ്രാഹിയായിരിക്കുന്നു ന അന്തരാത്മൻ അവിടെ വ്യക്തമായി പറയുന്നു അന്തരാത്മാവിനെ ഗ്രഹിക്കുന്നില്ല ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ അന്തരാത്മൻ ന അന്തരാത്മാനം ഇത്യർത്ഥ അന്തരാത്മൻ എന്നുവെച്ചാൽ അവിടെ അന്തരാത്മാവിന് എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കോളും ദിഗീയാാന്തമായിട്ട് അന്തരാത്മാനം ന ഉഫലപതെ എന്ന് മനസ്സിലാക്കിക്കോളും അപ്പോൾ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതതിൻ്റെ സഹജമായ പ്രവൃത്തിയാണ് അനാദികാലമായി അവയങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് ഈശ്വര സൃഷ്ടിയിൽ തന്നെ അതിന് സഹജമായി വന്നുചേർന്നിട്ടുള്ള ഒരവസ്ഥയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പരമാത്മാവ് അവയെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു പരമാത്മാവ് തന്റെ മായാശക്തി ഉപയോഗിച്ച് അവയെ ഈ തരത്തിൽ ആക്കിയിരിക്കുകയാണ് അത് മായയുടെ പ്രവൃത്തിയാണ് മായാശക്തിക്ക് അധീനമായി ആണ് സൃഷ്ടി നടക്കുന്നത് അതുകൊണ്ട് മായയുടെ സ്വഭാവം തന്നെ അതാണ് പഞ്ചനാത്മിക എന്ന് പറയും അങ്ങനെയുള്ള പഞ്ചനാത്മികയായ മായ ഈ ജീവനെ ആ രീതിയിൽ നശിപ്പിച്ചിരിക്കുകയാണ് അതാണ് മായയ്ക്ക് അധീനമായി മായാമോഹിതൻ എന്ന് ജീവനെ പറയുന്നത് മായാമോഹിതനായി അത് വിഷയങ്ങളിൽ ഭ്രമിച്ചു വിടുകയാണ് ഏവൻ സ്വഭാവ ഇതിന്റെ സ്വഭാവമാണ് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്തതിനെല്ലാം സ്വഭാവം എന്ന് പറയും ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് അത് സംസ്കൃതമാണ് സംസ്കരിക്കപ്പെട്ടതാണ് ഇത് ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടല്ല സ്വയം തന്നെ ഗുരുപദേശിച്ചിട്ടുള്ള സ്വയം തന്നെ സ്വാഭാവികമായി ശാസ്ത്ര നിർദ്ദേശം കൂടാതെ തന്നെ ലോകസ്യ ജീവന്മാർക്കെല്ലാം ഉള്ള ഒരവസ്ഥയാണ് കശിത് നദ്യവം സ്വഭാവം ഇത് സ്വഭാവമാണ് ഇങ്ങനെയാണെങ്കിലും ലോകസായ കശിത് നദിയ പ്രതിസ്രോത പ്രവർത്തനമില്ല ധീരോ ധീമാൻ വിവേകി പ്രത്യേകാത്മാനും പ്രത്യജാസു ആത്മാതി പ്രത്യകാത്മാ ആത്മശബ്ദോ നയസ് ഇങ്ങനെയാണെങ്കിലും അപൂർവം ഒരുവൻ സഹജമായി ഈശ്വരൻ തന്റെ മയാശക്തി ഉപയോഗിച്ച് ഈ ജീവന് ഇങ്ങനെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ് എങ്കിലും കസ്റ്റിക് ഒരുവൻ നദ്യാഹ പ്രതിസ്രോത പ്രവർത്തനം ഇവ നദി അതിന്റെ സ്രോതസ്സിൽ നിന്നും ഒഴുകുന്ന സമുദ്രത്തിലേക്കാണ് പക്ഷെ അതിന്റെ വഴിയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ അത് തിരിച്ചൊഴുകും അതുപോലെ പ്രതിസ്രോത പ്രവർത്തനം നദി വിപരീതമായി ഒഴുകുക അതിന്റെ ഉറവിടത്തിലേക്ക് ഒഴുകുക എന്നതുപോലെ എന്നറു ഇന്ദ്രിയങ്ങൾ അതിന്റെ ഉറവിടത്തിലേക്ക് എടുക്കുക ആത്മാവിതയ്ക്ക് അന്തർമുഖമായി ഇന്ദ്രിയങ്ങൾ തിരിയുക ഇത് പോലെ പ്രതിസ്രോത പ്രവർത്തനം ഇവ ഇതുപോലെ കശ്ചിത് ധീര അപൂർവം വിവേകി ഏതോ ഒരു വിവേകി എന്ന് പറയും ഏതോ ഒരുവൻ ധീമാൻ അതുതന്നെ വിശദീകരിക്കുന്നു വിവേകി ധീരൻ എന്നു വെച്ചാൽ വിവേകി ധൈര്യം എന്ന് പറഞ്ഞാൽ വിവേകം വിവേകമുള്ളവൻ ഈ സംസാരത്തിന്റെ നിസ്സാരതയെ മനസ്സിലാക്കുന്നവൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കുന്നവൻ അങ്ങനെയുള്ള വിവേകി എന്ത് ചെയ്യുന്നു പ്രത്യേകാത്മാനം പ്രത്യേകായിരിക്കുന്ന ഇതിന് വിപരീതമായിരിക്കുന്ന ബെഹ് മുഖത്തിനും വിപരീതമായിരിക്കുന്ന അതാണ് പ്രത്യേകിച്ച അസു ആത്മാ ചെയ്തി പ്രത്യേകാത്മാണാത്മാവുമാണ് പ്രത്യേകാത്മാ കർമ്മധാര്യ സമാസമാണ് പ്രത്യേകിച്ച അസു ആത്മാതി പ്രത്യേകാത്മാവ് പ്രത്യേകാത്മാവായിരിക്കുന്ന ആ പ്രത്യേകാത്മാവിനെ തന്റെ പ്രത്യേക ആയിരിക്കുന്ന ആത്മാവിനെ പ്രതീജി പ്രതീജി നേരത്തെ പറഞ്ഞതിന് വിപരീതമായിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് ബഹിർമുഖമായ കാര്യങ്ങളെ കുറിച്ചാണ് അതിന് വിപരീതമായിരിക്കുന്നത് എന്നാണ് അതാണ് പ്രതീജി എന്ന് പറയുമ്പോ ആന്തരികമായിരിക്കുന്നത് സ്വരൂപമായിരിക്കുന്നത് അധിഷ്ഠാനമായിരിക്കുന്നത് എന്നെല്ലാം ഉള്ള അർത്ഥാതിൽ നിന്ന് കിട്ടും പക്ഷെ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധം മറ്റത് ബഹിർമുഖങ്ങളായിരിക്കുന്നു ഇത് ആന്തരികമായിരിക്കുന്നു അതാണ് പ്രതീകിച്ച് ഏവ് ആത്മശബ്ദോ രൂഢ പ്രത്യേക തന്റെ സ്വരൂപത്തിലാണ് ആത്മശബ്ദം രൂഢമായിരിക്കുന്നത് ലോക ലോകവ്യവഹാരത്തിലും താൻ എന്ന് പറയുന്നു അതാണ് ആത്മ എന്ന് പറഞ്ഞാൽ താൻ ബാഹ്യമല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ തന്നിൽ തന്നെയാണ് ആത്മശബ്ദം രൂഢമായിരിക്കുന്നത് ോകത്തിൽ വ്യവഹാരത്തിൽ മനുഷ്യ വ്യവഹാരത്തിൽ ആത്മ എന്ന് പറയുന്നത് തന്നെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ അന്വേഷൻ മറ്റൊന്നിനും അത് പറയുന്നില്ല ആത്മ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആത്മ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ താൻ ഞാൻ എന്ന് പറയുന്നു അപ്പം തന്നിൽ തന്നെയാണ് ഈ ശബ്ദം രൂഢമായി പ്രയോഗിക്കുന്നത് മറ്റൊന്നിനുമല്ല വിത്പത്തിപക്ഷേവി രൂഢ ശബ്ദവും രൂഢപക്ഷവും വിത്പത്തിപക്ഷവും ഉണ്ട് ൂഢപപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ശബ്ദം ഒരർത്ഥത്തിൽ പ്രയോഗിക്കുന്നു അനാദികാലം മുതലേ അതിന് നമ്മൾ പ്രത്യേകിച്ച് പരിശോധന നടത്തേണ്ട ആവശ്യമല്ല ആ ശബ്ദം എന്തുകൊണ്ടങ്ങനെ പ്രവർത്തിക്കുന്നു ആ ശബ്ദത്തിന്റെ അവയവങ്ങൾ ഏതൊക്കെയാണ് ആ ശബ്ദത്തിന് ഏത് റൂട്ടിൽ നിന്ന് ഏത് ധാതുവിൽ നിന്നുണ്ടാകും ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ശബ്ദം ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു പ്രയോഗിച്ചു വരുന്നു അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നത് തന്നെ നിശ്ചയിക്കുന്നു അനാദി രൂഢം അനാദി ലക്ഷണ എന്നെല്ലാം പറയും അങ്ങനെ രൂഢമായി ആത്മശബ്ദം താൻ എന്നുള്ള അർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് കൂടുതൽ അതിനെക്കുറിച്ച് ആ ശബ്ദത്തിന്റെ അവയവ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല വിത്പത്തിപക്ഷേവി ഇനി അങ്ങനെയല്ല ആ ശബ്ദത്തെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആ ശബ്ദ അവയവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു നിർണ്ണയത്തിനെത്തിച്ചേരുകയാണ് അതാണ് വിത്പത്തിപക്ഷം ശബ്ദങ്ങളെ സംബന്ധിച്ച് രണ്ടുപക്ഷമുണ്ട് അപ്പം ഏത് ശബ്ദം കേട്ടുകഴിഞ്ഞാലും നമുക്ക് അതിന്റെ വിത്പത്തി അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല ആ ശബ്ദം അങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ അർത്ഥം അതാണ് എന്തുകൊണ്ടങ്ങനെ ആ ശബ്ദത്തിന് അർത്ഥം ഒന്നും എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥമില്ല അതാണ് രൂഢപക്ഷം പക്ഷെ വിത്പത്തിപക്ഷത്തിനങ്ങനെയല്ല ആ ശബ്ദം എന്തുകൊണ്ടങ്ങനെ ആ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു അതിനുള്ള നിയമങ്ങൾ എന്താണ് അതിൻ്റെ വ്യാകരണം എന്താണ് അതെല്ലാം അന്വേഷിക്കേണ്ടി വരും അങ്ങനെ അന്വേഷിക്കുന്ന ഒരു പക്ഷം കൊണ്ടതാണ് വിൽപ്പത്തി പക്ഷം ചില ശബ്ദങ്ങൾക്ക് രൂഢാർത്ഥവും വിത്പത്തി അർത്ഥം കൊണ്ട് രണ്ടും ഒന്നായിരിക്കും ചിലപ്പോൾ രണ്ട് രണ്ടായിരിക്കും പൊതുവെ ശബ്ദങ്ങൾക്ക് ഈ രണ്ടിലേതെങ്കിലും ഒരർത്ഥത്തെ സ്വീകരിക്കുന്നു ൂഢാർത്ഥം അല്ലെങ്കിൽ വിത്പത്തിയർത്ഥം ഇവിടെ വിത്പത്തിപക്ഷം പറയുകയാണെങ്കിൽ ആ ശബ്ദം ഏത് ധാതുവിൽ നിന്നുണ്ടായി അതിൽ ഏത് പ്രത്യയമാണ് ഈ തരത്തിലെല്ലാം ചിന്തിച്ച് അതിന്റെ അർത്ഥത്തെ നിർണ്ണയിക്കുന്ന പക്ഷത്തിലാണെങ്കിൽ അതാണ് വിത്പത്തിപക്ഷം ആ പക്ഷത്തിലാണെങ്കിൽ തത്രയോ ആത്മശബ്ദവും വർദ്ധതേ ആ പക്ഷത്തിലും ആത്മശബ്ദം താൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് തത്രയവ മുമ്പ് പറഞ്ഞ അതേ സ്ഥാനത്ത് തന്നെയാണ് ആത്മശബ്ദം വർധിക്കുന്നത് ഇവിടെ പ്രത്യേകാത്മാനം ഐഷ എന്ന് പറഞ്ഞു അവിടെയാണ് ആത്മശബ്ദമുണ്ട് അപ്പൊ ഈ ആത്മാ എന്ന് പറഞ്ഞാൽ എന്താണത് പ്രത്യേകമായിരിക്കുന്നത് ആന്തരികമായിരിക്കുന്നത് ആന്തരികമായിരിക്കുന്ന താൻ അപ്പൊ ശരീരം മനസ്സ് ബുദ്ധി ഇവയെല്ലാം വിട്ടുശേഷിക്കുന്ന അർത്ഥം അതിൽ നിന്ന് വരണം അത് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നത് രൂഢാർത്ഥത്തിലായാലും വിത്പത്തി അർത്ഥത്തിലായാലും ആത്മശബ്ദത്തിന് ഒരർത്ഥം തന്നെ ക്രൂഢശബ്ദം ആണെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശബ്ദ അർത്ഥ വിചാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതർത്ഥത്തിലാണത് ലോകം ധരിച്ചു വരുന്നത് ആ അർത്ഥത്തെ മതി വിപത്തിപക്ഷമാണെങ്കിൽ അവിടെ വിശദമായ ചർച്ച വേണ്ടിവരും എന്തുകൊണ്ടാണ് ആ ശബ്ദത്തിന് അർത്ഥം വന്നു അങ്ങനെ ചർച്ച ചെയ്ത് നിർണ്ണയിക്കണം ഈ രണ്ട് പക്ഷം അനുസരിച്ചായാലും ആത്മശബ്ദത്തിന് ഒരർത്ഥം തന്നെ തന്റെ സ്വരൂപം താനായിരിക്കുന്നത് എന്നുള്ള അർത്ഥം തന്നെ അന്ന് കശിദ്ധീര പ്രത്യേകാത്മാനം ഐക്ഷത് ഏതോ ഒരുവൻ അവൻ ഈ പ്രത്യേകാത്മാവിനെ ഐക്ഷ കണ്ടറിഞ്ഞു സാക്ഷാത്കരിച്ചു എന്നാണ് ആത്മശബ്ദത്തിന്റെ വിത്പത്തിപക്ഷത്തെ കാണിക്കാൻ വേണ്ടി ാണ് അടുത്ത് പറയുന്നത് എന്താണ് ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ വിത്പത്തി എങ്ങനെയാണ് അതിൻ്റെ ശബ്ദാർത്ഥം എങ്ങനെ വിവേചിക്കാം അതിനുവേണ്ടി അടുത്ത് പറയുന്നു യച്ചാപ്നോദി യദാദത്തെ യാത്തിവിഷയാൻ ഇഹ യാസ്യ സന്തതോഭാവ തസ്മാ ആത്മീയതി കൃത്യത ഇത് പുരാണത്തിനും മറ്റുമുള്ള ഒരു ശ്ലോകമാണ് ലിംഗപുരാണത്തിനും മറ്റും ഈ ശ്ലോകമുള്ളതായി പറയപ്പെടുന്നു ആത്മശബ്ദ വിത്പത്തിസ്മരണ ഇങ്ങനെയാണ് ആത്മശബ്ദത്തിന്റെ വിത്പത്തിസ്മരണ സ്മൃതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ആത്മശബ്ദത്തിന്റെ വിത്പത്തി ഇങ്ങനെയാണ് ഏതെന്നാണോ ആപ്വിനോദി വ്യാപിച്ചിരിക്കുന്നത് ഏതൊരു വിനാണോ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് അവനാണ് ആത്മാവ് ആദത്തെ ണോ സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ദശേന്ദ്രിയങ്ങളിലൂടെയും സർവ്വ വിഷയങ്ങളെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് യഹ വിഷയാൻ അത്തി വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ വിഷയങ്ങളിലൂടെ സുഖദുഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക മുമ്പ് പറഞ്ഞത് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നിമിത്തമായി സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതാണ് യഹ വിഷയാൻ അതി ഭുജിച്ചുകൊണ്ടിരിക്കുന്നത് സുഖദുഃഖ രൂപത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യച്ഛ സന്തതഭാവ സദ്ഭാവം ഏതെന്തിന്റെയാണോ സദ്ഭാവം സർവത്രം ഉള്ളത് സന്തതഭാവം ഉണ്മ സാദത്വം ഏതെന്തിനാണോ ഉള്ളത് സർവത്രം ഏതെങ്കിന്റെ ഉണ്മയാണോ സർവത്രം നിറഞ്ഞു നിൽക്കുന്നത് സന്തതഭാവം അസ്യ സന്തത ഭാവസ്മ ഇതിന്റെ സന്തതഭാവം സതത്വം ഉണ്മ സർവതാവുണ്ട് അതുകൊണ്ടും തസ്മ ആത്മീയ കീഴത്തിയതേ ഇതിനെ ആത്മാ എന്ന് പറയപ്പെടുന്നു ഏതിനെ തന്നെ തന്നെ എന്തുകൊണ്ട് ആത്മാവെന്ന് പറയുന്നു താൻ ആത്മാവാണെന്ന് പറയുന്നു അന്ന് പറയുന്നു താൻ സർവവ്യാപിയായിരിക്കുന്നു താൻ വിഷയങ്ങളെ അറിയുന്നു ആ നിന്നും ുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു തന്റെ ഉണ്മ സർവത്ര നിലനിൽക്കുന്നു സദാ നിലനിൽക്കുന്നു ഇക്കാരണം കൊണ്ടെല്ലാം തന്നെ ആത്മാ എന്ന് പറയുന്നു അപ്പൊ ആത്മാ എന്ന് വിളിക്കുന്നു തന്നെ തന്നെയാണ് തന്റെ സ്വരൂപത്തെ തന്നെയാണ് എന്നിങ്ങനെ ആത്മശബ്ദത്തിന്റെ വിത്വത്തിനെ കുറിച്ച് ചിന്തിച്ചാലും ആത്മശബ്ദം പ്രത്യേകാത്മാവ് പ്രതീ തന്നിൽ വിഷയവിപരീതമായിരിക്കുന്നതിൽ രൂഢമായിരിക്കുന്നു വിത്പന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നാണ് വിഷയ വിപരീതമായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ ആണ് ആത്മശബ്ദം ബോധിപ്പിക്കുന്നത് അതുകൊണ്ടിവിടെ പ്രത്യേകാത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്നതിന് തന്റെ വാസ്തവ സ്വരൂപത്തെ കസ്റ്റിത് എന്നാണ് ഇതിനെ അറിഞ്ഞു അറിയുന്നു എന്നാണ് അപൂർവം ചിലർ ഇതിനെ അറിയുന്നു ആണ് തം പ്രത്യേകാത്മാനം ആ പ്രത്യേകാത്മാവിന് സ്വം സ്വഭാവം സ്വമെന്ന് പറഞ്ഞ സ്വഭാവം സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വരൂപം സ്വസ്യഭാവം തന്റെ ഭാവം രൂപം യഥാർത്ഥ സ്വരൂപത്തെ പ്രത്യേകാത്മാവിനെ അപശ്യത് എന്ന് പറഞ്ഞാൽ പശ്യതി ഇത്യർത്ഥന്തസിലാണ് അവിടെ കാല നിയമമില്ല അതുകൊണ്ട് ഐഷത് എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് ഏതോ ഒരുവൻ പണ്ട് കണ്ടു എന്നുള്ള അർത്ഥത്തിലല്ല അഴ്ച്ച ലങ്ങിന്റെ രൂപമാണ് ഐക്ഷത് ഐഷാം ഐച്ഛൻ ഇവിടെ അതല്ല എന്നുള്ള ലങ്ങിന്റെ അർത്ഥം എന്താ ഇവിടെ വേണ്ടത് മറിച്ച് പശ്യതി എന്നാണ് അപശ്യത് എന്നുള്ള ഭൂതകാല വർത്തമാന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ് പശ്യതി കശ്യതി അപൂർവം ചിലർ ഇതിനെ കാണുന്നു ഇത്യർത്ഥ എന്ന് ചെന്നും കണ്ടുകൊണ്ടിരിക്കുന്നു മുമ്പ് കണ്ടിട്ടുകൊണ്ട് ഭാവിയിൽ കാണുകയും ഈ അർത്ഥത്തിലാണ് പശ്യതി ഭൂതകാലക്രിയയല്ല അവിടെ പ്രയോഗിക്കേണ്ടത് അവശ്യതെന്നുള്ള അർത്ഥമല്ല അവിടെ എടുക്കേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പ്രത്യേകാത്മാവിനെ തന്റെ സ്വരൂപത്തെ അപൂർവം ചിലർ കാണുന്നു എന്നർത്ഥം ഛന്തസ് അനിയമ ഛന്തസ് വേദത്തിൽ കാല നിയമങ്ങളൊന്നുമില്ല ലുങ് ലങ് തുടങ്ങിയ ഭൂതകാല ക്രിയകൾ അതൊന്നുകൂടെ ബാധകമല്ല ഏത് പ്രയോഗിച്ചു കഴിഞ്ഞാലും വർത്തമാനാർത്ഥത്തെ എടുത്തോളാം അതുകൊണ്ടിവിടെ പശ്യതി എന്നുള്ളത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ് കണ്ടു എന്ന് വെച്ചാൽ കാണുന്നു അപ്പൂർവം ചിലർ ഇതിനെ സാക്ഷാത്കരിക്കുന്നു കഥം പശ്യതി ഇത്തിച്ചത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നേരത്തെ പറഞ്ഞു കാണുന്നതിന് ചില പ്രതിബന്ധങ്ങളുണ്ട് ആ പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കിയാൽ കാണാൻ പറ്റുന്നു എങ്ങനെ കാണുന്നു ആവൃത്ത ചക്ഷുഭവും ആവൃത്തചക്ഷുവായി അങ്ങനെ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ ആവൃത്തം ചക്ഷുഹ്രോത്രാധികം ഇന്ദ്രിയ ജാതം അശേഷ വിഷയാവൃത്തചക്ഷുഹു പറയുന്നു ആവൃത്തചക്ഷുഹു അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആവൃത്തം എന്ന് പറഞ്ഞാൽ വ്യാവൃത്തം പിൻവലിച്ചു എന്ത് ചക്ഷു എന്ന് പറഞ്ഞാൽ ശ്രോത്രാധികം ഇന്ദ്രിയജാതം സമ്പൂർണ്ണ ഇന്ദ്രിയും എല്ലാ ഇന്ദ്രിയങ്ങളെയും പിൻവലിച്ചു ഇവിടെ അശേഷ വിഷയാ സർവ വിഷയങ്ങളിൽ നിന്നും സർവവിഷയങ്ങളിൽ നിന്നും സർവഇന്ദ്രിയങ്ങളെയും പിൻവലിച്ചത് അവൻ അത് എസ് ആവൃത്തചക്ഷു അങ്ങനെ ആരാണോ പിൻവലിച്ചത് അവനാണ് ആവൃത്തചക്ഷു എന്ന് പറയുന്നത് അങ്ങനെയുള്ളവനാണ് അങ്ങനെ ആവൃത്തചക്ഷായിട്ടുള്ളവൻ അവൻ ഇതിനെ അറിഞ്ഞു എന്നാണ് അല്ലെങ്കിൽ അറിയുന്നു എന്നാണ് അപ്പൊ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക എന്ന് നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് അത് പറയുന്നു എന്നേ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖങ്ങളാക്കി അങ്ങനെ മാത്രമേ ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ കാരണം ഇന്ദ്രിയങ്ങളുടെ സഹജമായ ബാഹ്യപ്രവൃത്തി എന്ന് പറയുന്നത് ആ ജീവനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അത് മായാശക്തിയുടെ പ്രവർത്തനമാണ് ഈശ്വരന്റെ സൃഷ്ടി തന്നെ ഉള്ളതാണത് അതിൽ നിന്നാരാണോ ഇതിനെ അന്തർമുഖമാക്കുന്നത് ആവൃത്തചക്ഷകുന്നത് സൃത അങ്ങനെ ഈ നേരത്തെ വന്ന പാപത്തിൽ നിന്നും സംസ്കരിക്കപ്പെടുന്നവൻ ബൃഹർമുഖങ്ങളായി നിരന്തരം പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ ആ പാപങ്ങളിൽ നിന്നെല്ലാം മോചിതനായി ആ പാപ നിന്നും മോചിതനായി സംസ്കൃതനായി എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിന്റെ മാലിന്യങ്ങളെല്ലാം പോയി ശുദ്ധനായി പ്രത്യേകാത്മാവാനും പശ്യതി അന്ധക്കെണ്ണ ശുദ്ധി നേടി ചിത്തശുദ്ധി നേടി ഈ പ്രത്യേകാത്മാവിനെ കാണുന്നു ഇതല്ലാതെ മറ്റൊരു വഴി ഇതിനില്ല എന്നാണ് പറയുന്നത് നഹി ബാഹ്യ വിഷയാലോചനപരത്തും പ്രത്യേകാത്മ ഈക്ഷണം ഒരുവന് ഒരേ സമയം ബാഹ്യവിഷയാലോചനപരത്തും ബാഹ്യവിഷയ വ്യാപൃതി വ്യാപാരം ബാഹ്യ വിഷയ പ്രവൃത്തിയും പ്രത്യേകാത്മീക്ഷണം പ്രത്യേകാത്മനിഷ്ഠയും ഏകസ്യ സംഭവത്തി ഒരുവന് ഒരേ സമയം പറ്റത്തില്ല കഴിയില്ല എന്നർത്ഥം എന്നാ ഒരാൾ പറയുകയാണ് ഞാൻ ബാഹ്യ വിഷയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു അതേസമയം മറിച്ച് അന്തർമുഖനുമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല ബെഹ്റമുഖനൊരിക്കലും അന്തർമുഖൻ അല്ല അന്തർമുഖന് ബഹ്ർമുഖനാകാനും കഴിയത്തില്ല അതാണ് പറയുന്നത് നമ്മുടെ ബാഹ്യ വിഷയാലോചനപരത്വവും പ്രത്യേകാത്മ ഈക്ഷണവും പ്രത്യേകാത്മ സാക്ഷാത്കാരം ഇത് രണ്ടും ഏകസ് എന്ന സംഭവത്തി ഒരുവനൊരിക്കലും സാധ്യമല്ല സാധനാപരമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബഹിർമുഖങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിച്ച് അതിൽ നിന്നും വേണ്ടത്ര വാസനകളെല്ലാം നിരന്തരം സമ്പാദിച്ചുകൊണ്ടിരിക്കെ ഒരുവൻ അന്തർമുഖനായി ആത്മീയ സാധന അനുഷ്ഠിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് അബദ്ധമാണ് അത് സാധ്യമല്ല ആത്മീയ സാധനയ്ക്ക് അന്തർമുഖനായാലേ പറ്റും ബഹിർമുഖമായി പ്രവർത്തിക്കുന്നവനത് സാധ്യമെന്നതുകൊണ്ട് പറയുന്നു എന്താണ് ബാഹ്യ വിഷയാലോചനപരത്വം വിഷയ വ്യാപാരം പ്രത്യേകാത്മ ഈക്ഷണം പ്രത്യേകാത്മ ബോധവും ഏകസ്യ എന്ന സംഭവി ഒരു തന്നെ ഒരേ കാലം സംഭവിക്കത്തില്ല ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗമാണ് ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്നു രണ്ട് മാർഗത്തെ തിരിച്ചതും സർവകർമ്മ സന്യാസം എന്നിങ്ങനെ നിവൃത്തി മാർഗത്തെ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത് ജ്ഞാന കർമ്മങ്ങൾ അവയുടെ വ്യത്യാസത്തെ എല്ലാം നിർണയിച്ചിരിക്കുന്നത് ഈ രണ്ട് തത്വങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് രണ്ടും ഒരേ സമയം ഒരാൾക്ക് സാധ്യമല്ല ഒരുക്കുന്നു ഒന്നിയിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി രണ്ടിനൊന്നേ സംഭവിക്കും രണ്ടും കൂടി സംഭവിക്കത്തില്ല ഇക്കാര്യത്തിൽ ആചാര്യസ്വാമികൾക്ക് വളരെ വാശിയാണ് നിർബന്ധപൂർവം ഇത് അവസരം കിട്ടുന്നിടത്തല്ല സ്ഥാപിക്കും രണ്ടും കൂടി ഒരാൾക്ക് സാധ്യമല്ല അതുകൊണ്ടെന്ത് ചെയ്യുന്നു ആവൃത്ത ചക്ഷു അങ്ങനെ വെറുതെ പറയുന്നതല്ല ശ്രുതി എന്ന പറഞ്ഞിരിക്കുന്നു വിഷയങ്ങൾ ബഹിർമുഖങ്ങളാണെന്ന് ആദ്യം പറഞ്ഞു അത് ജീവന്റെ സംസാരാവസ്ഥയെ സൂചിപ്പിച്ചു അടുത്തു പറയുന്നു ആവൃത്ത ചക്ഷുവായി ഒരുവൻ ഇതിനെ കാണുന്നു ബഹിർമുഖങ്ങളായി പ്രവർത്തിച്ചു വിഷയങ്ങളെ അങ്ങനെ തന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങളിങ്ങനെ ബഹിർമുഖങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരുവൻ ആത്മാവിനെ അന്വേഷിച്ചു ഒരിക്കലും അന്തർമുഖനാകാതെ ആത്മാവിനെ കണ്ടെത്തി എന്നൊന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല അതൊരിക്കലും സാധ്യമല്ല കാരണം എന്തുകൊണ്ട് അവിടെ പറഞ്ഞു ജീവിതം സംസ്കൃത ഇവിടെ സംസ്കാരം വേണം അന്ധക്കരണത്തിന് ആ സംസ്കാരത്തെ ആർജിക്കാതെ ഒരിക്കലും സാധ്യമല്ല ബഹുർമുഖമായി പ്രവർത്തിക്കുന്നതിന് എന്തുകൊണ്ട് പറയുന്നത് ഈശ്വരൻ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മായാശക്തിയാണ് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ആ മായയിൽ നിന്നും എങ്ങനെ ആത്മാവിനെ കണ്ടെത്തും അതൊരിക്കലും സാധ്യമേ അല്ല അപ്പൊ ഇത് രണ്ടും കൂടി ഒരേ സമയം ഒരാൾ നടത്തുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ് ഞാൻ ബഹുർമുഖമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതേസമയം ഞാൻ ആത്മീയമായ സാധനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഏതെങ്കിലും രണ്ടിലും ഒന്നേ നടക്കുന്നുള്ളൂ രണ്ടും കൂടി നടക്കത്തില്ല എന്നുള്ളത് എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത് കിമർത്ഥം സ്വഭാവ പ്രവൃത്തി നിരോധം ധീര പ്രത്യേകാത്മാനം പശ്യതി പറയുന്നു എന്തിനു വേണ്ടിയാണ് പുനരുദ്ധം ഇങ്ങനെ മഹതാപ്രയാസേന വലിയ ആയാസത്തോടുകൂടി കഠിനമായി പ്രയത്നിച്ച് സ്വഭാവ പ്രവൃത്തി നിരോധം കൃത്വ സ്വാഭാവികമായ പ്രവൃത്തിയെ തടഞ്ഞുകൊണ്ട് ഇന്ദ്രിയം കൊണ്ട് സഹജമായ പ്രവർത്തനങ്ങളെയെല്ലാം നിരോധം കൊടുത്തു അതടഞ്ഞിട്ട് ധീരഹ വിവേകി പ്രത്യേകാത്മാനം പശിതി ഈ പ്രത്യേകാത്മാവിനെ എന്തിനു സാക്ഷാത്കരിക്കുന്നു എന്ന് ഇത്രയും ആയാസമുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടൊരുവനെന്ത് നേടാൻ ഇത്തിച്ഛതി അതിന് സമാനം പറയുന്നു അമൃതത്വം അമരണധർമ്മത്വം നിത്യസ്വഭാവതാം ഇച്ഛൻ ആത്മനഹ പറയുന്നു ആത്മനഹ തന്റെ അമൃതത്വത്തെ മോക്ഷത്തെ അമരണധർമ്മത്വം പ്രദീക്ഷണം അവൻ ഈ സംസാര ബന്ധനത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദീക്ഷണം അങ്ങനെയുള്ള മരണധർമ്മത്വത്തെ വിട്ട് അമരണധർമ്മത്വത്തെ നിത്യസ്വാതന്ത്ര്യത്തെ മോക്ഷത്തെ അതെങ്ങനെയുള്ളതാണ് വാസ്തവത്തിൽ നിത്യസ്വഭാവത്താം അതിന്റെ നിത്യമായിരിക്കുന്ന ഒരിക്കലും മാറാതിരിക്കുന്നതിന്റെ സ്വഭാവമാണ് ആമരണധർമ്മത്വം അമൃതത്വം അത് ഇച്ഛിച്ചുകൊണ്ടാണ് ആത്മനഹ തന്റെ അതിനെ ഇച്ഛിച്ചുകൊണ്ടാണ് ഒരുവൻ ആവൃത്തചക്ഷുവായി തീരുന്നത് ആവൃത്തചക്ഷു അമൃതത്വവും ഇച്ഛൻ അമൃതത്വത്തെ ആഗ്രഹിക്കുന്ന ഒരുവൻ ആവൃത്തചക്ഷുവായി ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ സഹജമായി അങ്ങനെ ബാഹ്യവിഷയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി പ്രത്യേക ആത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അഴിച്ച കാണുന്നു എന്നാണ് അങ്ങനെ കാണുന്നു അപ്പോ ഇവിടെ ഇന്ദ്രിയ സംയമനം ഇന്ദ്രിയ നിയന്ത്രണം അന്തർമുഖത ഇത് ആത്മസാക്ഷാത്കാരത്തിന് കൂടിയേ തീരും കാര്യത്തെ ശ്രുതി വളരെ വ്യക്തമായി നിർദ്ദേശിക്കുകയാണ് ഈ മന്ത്രത്തിൽ അത് വായിക്കാം പരാഞ്ചി ഖാനിം സ്വയംഭൂ പശ്യത്തിീര പ്രത്യഗാത്മാനമൈച്ഛൻ ആവൃത്തച്ചക്ഷു അമൃതമിച്ഛൻ സ്വയംഭൂ സ്വയംഭൂ പരമാത്മാവ് ആ മന്ത്രത്തിൽ നോക്കിയ ഇന്ദ്രിയങ്ങളെ പരാഞ്ചി ബഹുർമുഖങ്ങളാക്കി വ്യതിരണ സൃഷ്ടിച്ചു തസ്മാൻ അതുകൊണ്ട് പരാങ് ബാഹ്യവിഷയങ്ങളെ പശ്യതി അന്തരാത്മൻ അന്തരാത്മാവിനെ പശ്യതി അറിയുന്നില്ല കശിത് അപൂർവം ധീര വിവേകി അമൃതത്വം ഇച്ഛൻ അമൃതത്വത്തെ ഇച്ഛിക്കുന്നവനായി ആവൃത്ത ചക്ഷു ആവൃത്തചക്ഷുവായി ഇന്ദ്രിയങ്ങളെ അന്തർമുഖങ്ങളാക്കി പ്രത്യേകാത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ഐച്ഛ സാക്ഷാത്കരിക്കുന്നു അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഇപ്പറ നമൃതത്വം മോക്ഷം അത് ഇവിടെ പറഞ്ഞുണ്ടാവണം പ്രത്യേകാത്മാനം ഐശ്വം പ്രത്യേകാത്മ സാക്ഷാത്കാരം അതുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ പ്രത്യേകാത്മ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ മോക്ഷം ശ്രദ്ധിക്കത്തുള്ളൂ മോക്ഷത്തിന് കാരണം സാക്ഷാത്കാരം സാക്ഷാത്കാരത്തിന്റെ ഫലമായി മോക്ഷമുണ്ടാകും അതുകൊണ്ട് എല്ലാ സാധനങ്ങളുടെയും ചരമലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രത്യേകാത്മ സാക്ഷാത്കാരമാണ് ഇവിടെ സാക്ഷാത്കാരം അതാണ് എല്ലാ സാധനങ്ങളുടെയും പരമമായ ലക്ഷ്യം സാക്ഷാത്കാരം എന്ന് പറയുന്നത് അപരോക്ഷജ്ഞാനമാണ് അതിനു സാക്ഷാത്കാരം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അപരോക്ഷ സാക്ഷാത്കാരം അപരോക്ഷജ്ഞാനം ഈ അപരോക്ഷ സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി സാധനങ്ങളാണ് ബാക്കിയെല്ലാം ബാക്കിയുള്ള എല്ലാ ജപതപങ്ങളും എല്ലാം ഈ സാക്ഷാത്കാരം അല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയിട്ടാണ് ശ്രവണ മനന നിധ്യാസനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ ആ ശ്രവണ മനന നിധ്യാസനങ്ങളും നിഷ്ഠ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്നെല്ലാം പറയുന്നത് സാധന ചതുഷ്ട സമ്പന്നന് മാത്രമേ ശ്രവണ മനനീധ്യാസനങ്ങളിൽ നിഷ്ഠയുണ്ടാവുള്ളൂ സാധന ചതുഷ്ഠേയ സമ്പന്നനായി ശ്രവണ മനനീധ്യാസനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനെയാണ് നിവൃത്തൻ എന്ന് പറയുന്നത് അവനെയാണ് ഇവിടെ സന്യാസി എന്നും പറയുന്നു അദ്വൈത മതമനുസരിച്ചിട്ടാണ് സന്യസിച്ചവൻ എന്ന് പറയുന്നതും അങ്ങനെയുള്ള ഒരുവനെ ഉദ്ദേശിച്ചിട്ടാണ് അവൻ സാധന ചതുഷ്ഠയെ സമ്പന്നനായി ശ്രവണ മനന വിതിഹാസങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരുവന് മാത്രമേ ആവൃത്ത ചക്ഷു ഇവിടെ പറയുന്ന ആവൃത്തചക്ഷു ആകാൻ കഴിയത്തുള്ളൂ അതിനെ ശങ്കരാചാര്യന്റെ സിദ്ധാന്തമാണ് ബഹിർമുഖനാകാതിരിക്കാൻ കഴിയത്തുള്ളു അതായത് ബഹിർമുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സമാധിനിഷ്ഠയിൽ പ്രപഞ്ചവിസ്മരണത്തോടുകൂടിയിരിക്കുകയാണോ അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത് മറ്റു ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഭാഗങ്ങളിലും വിശദീകരിക്കത്തില്ല ഭാഷയത്തിൽ അങ്ങനെ അവിടുത്തെ ചക്ഷുവായിരിക്കുമ്പോൾ വൃത്തി നിരോധം ത്തിലൂടെ സമാധി നിഷ്ഠയിൽ പ്രപഞ്ചവിസ്മരണത്തിൽ ഇരിക്കുന്നതല്ല ഇവിടെ സാധനാർഗമായി നിർദ്ദേശിച്ചിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വിരോധമില്ല പക്ഷെ ഇവിടെ നിർദ്ദേശിക്കുന്ന സാധനാ മാർഗം അതല്ല ഇവിടെ നിർദ്ദേശിക്കുന്നത് അന്തർമുഖത എന്ന് പറയുന്നത് ആത്മചിന്തനം അത് മനസ്സിന്റെ അന്തർമുഖമായ വൃത്തിയാണ് ബന്ധന ശേഷിയുള്ള നിഷിദ്ധകാമ്യ കർമ്മങ്ങളിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് അത്തരം കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി ശ്രവണമനന സാധനങ്ങളും ഒഴിയിരിക്കുക അതിനും ശേഷിയില്ലാത്തവന് നിഷ്കാമകർമാനുഷ്ഠാനത്തിൽ ജപസ്വാധ്യായ കാര്യങ്ങളിലെല്ലാം ഒഴുകിയിരിക്കുന്നതെല്ലാം ഇവിടെ പറയുന്ന ആവൃത്തചക്ഷത്വം തന്നെ ആദ്യം ഉൾപ്പെടുന്നു സാധനാപരമായ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഇവിടെ പറയുന്ന ആവൃത്തചക്ഷു ആകുന്നു പക്ഷെ അവിടെയും സാധനയെ വിസ്മരിച്ച് ബാഹ്യപ്രവൃത്തിയിലേക്ക് മനസ്സ് പോയിക്കഴിഞ്ഞാൽ മുഴുകിക്കഴിഞ്ഞാൽ വീണ്ടും ബഹുർമുഖനാവും വാദ്യം മായാധീനമായ ആദ്യം പറഞ്ഞ് വേത എന്ന് പറയുന്ന അവസ്ഥയിലെത്തിച്ചേരും അത് ഹിംസാത്മകമാണ് എന്ന് പറഞ്ഞാൽ ജീവനെ ഹിംസിക്കുന്ന അവസ്ഥയാണ് സാധാരണ ജീവന്മാർ നിരന്തരം ജീവന് ഹിംസിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കർത്തത്വം ഈശ്വരനെ കൊടുത്ത് കാരണം We the we to higher higher ും ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം അപ്പോൾ ഇവിടെ നല്ല നടന്നാലും ചീത്ത നടന്നാലും അതിന് ഈശ്വരനും കൊണ്ട് ഒരു ഉത്തരവാദിത്വം അതുകൊണ്ട് പറഞ്ഞു ഈശ്വരൻ അങ്ങനെ ചെയ്തു പക്ഷെ ഈശ്വരൻ നേരിട്ടൊന്നും ചെയ്യുന്നില്ല മറിച്ച് ഈശ്വരന്റെ മായ അത് ചെയ്യുന്നു അപ്പൊ അതിന്റെ തിന്മയുടെ എല്ലാ മായക്കാണ് ഈശ്വരൻ്റെ അപ്പോൾ മായയിലൂടെ ഈശ്വരൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മായ ജീവനെ നിരന്തരം ഹിംസിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഈശ്വരൻ അങ്ങനെ ഹിംസിച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ട് സാധന മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവൻ അതിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ബാഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ആ അന്തർമുഖമായ പ്രവൃത്തി എന്ന് പറയുന്നത് സാധനയുടെ ഏത് ഘട്ടത്തിനുമാകാം സാധനചതുഷ്ടയ സമ്പത്തി നേടുന്നതിനു വേണ്ടിയാണ് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഉപകരിക്കുന്നു എന്നാണ് അദ്വൈതവശം അനുസരിച്ച് അതായത് ശ്രവണ മനന നിധ്യാസനങ്ങൾ അല്ലാതെയുള്ള സാധനം ഒരാൾ അനുഷ്ഠിക്കുന്നിരിക്കട്ടെ ഒരാൾക്ക് ശരിയായ ശാസ്ത്രബോധമില്ല ശാസ്ത്രീയ സംസ്കാരം അയാളുടെ അന്ധകരണത്തിലില്ല അയാൾ വേദം പഠിച്ചിട്ടില്ല മഹാവാക്യം ശ്രവിച്ചിട്ടില്ല ഉപനിഷത്ത് ഒന്നും അധ്യയനം ചെയ്തിട്ടില്ല സ്വാധ്യായമൊന്നും അനുഷ്ഠിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരും അങ്ങനെയുള്ള ഒരാളും എന്തെങ്കിലും സാധനം അനുഷ്ഠിക്കുന്നുണ്ട് ഗുരു ഉപദേശിച്ചെന്ന് മന്ത്രം ജയിക്കുന്നു മറ്റൊന്നും അയാൾ ചിന്തിക്കുന്നില്ല അത് ഒരു ഏകാഗ്രമായ തപസ്സായി അനുഷ്ഠിക്കുന്നു അജയസ്വാമിയുടെ അഭിപ്രായമനുസരിച്ച് അങ്ങനെയുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധനയുടെ ഫലം എന്ന് പറയുന്നത് അയാൾക്ക് ഈ പറയുന്ന സാധന ചതുഷ്ഠയ സമ്പത്തി വരുന്നു അയാൾ സ്വാഭാവികമായിട്ടും ശ്രവണമന പ്രക്രിയയിലൂടെ കടന്നു പോയി ജ്ഞാനം നേടി മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലായാലും ശരി അവിടെ അന്തർമുഖത ആവശ്യമാണ് ബഹുമുഖത ഒരിക്കലും ആത്മീയ പുരോഗതിക്ക് സഹായിക്കത്തില്ല എന്നാണ് ഈ ശ്രുതിയുടെ വ്യാഖ്യാനത്തിൽ പല ഭാഗങ്ങളിലും ആചാര്യസ്വാമികൾ പറയുന്നത് അതുകൊണ്ട് ഈ മന്ത്രം വളരെ പ്രാധാന്യമുള്ളതാണ് സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ആവൃത്തചക്ഷ അമൃതത്വം ഇച്ഛൻ മോക്ഷത്തെ ഇച്ഛിച്ചതുകൊണ്ട് മാത്രമായില്ല അതിന്റെ സാധനയിൽ ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചാലേ അതുകൊണ്ട് പ്രയോജനമുണ്ടാകത്തുള്ളൂ എന്നാണ് അന്ന് കാലദേശങ്ങളെല്ലാം അനുകൂലമായിരുന്നാൽ നന്ന് പുരോഗതി എളുപ്പമാവും അതുകൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് വിട്ട് ആൾക്കാർ ആശ്രമങ്ങളിലും ഹിമാലയത്തിലുമെല്ലാം പോകും പക്ഷെ ഇവിടെ കഴിഞ്ഞാൽ സംസാരത്തിന് വ്യത്യാസമൊന്നുമില്ല സംസാരം എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസമില്ല അത് എവിടെ ചെന്നാലും ബഹുർമുഖമായിരിക്കും അതിനെയെല്ലാം ഒരുവൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ശാസ്ത്രത്തിൽ ഈ പറയുന്ന രീതിയിൽ ശ്രുതി പറയുന്ന രീതിയിൽ അതിനെയെല്ലാം നിയന്ത്രിക്കാനും ഒതുക്കാനും കഴിഞ്ഞാൽ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ മന്ത്രം നമ്മെ ബോധിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം അല്ലാതെ ന് ലക്ഷ്യത്തിലെത്താൻ വേറെ കുറുക്ക് വഴികളൊന്നുമില്ല ഇതിലൂടെയെല്ലാം കടന്നുപോയേ പറ്റൂ കാരണം ഇത് ഈശ്വരന്റെ സൃഷ്ടിയിൽ തന്നെയുള്ള തടസ്സങ്ങളാണ് നേരത്തെ പറഞ്ഞുള്ള ഭാഷകാരൻ എന്താണ് ഇതിന് തടസ്സം ഇത് സൃഷ്ടിയിൽ തന്നെയുള്ള തടസ്സമാണ് ഇതിനെ അതിജീവിക്കാതെ ഇതിനെ ഉല്ലംഘിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതിന് ഈ പറയുന്ന സാധനങ്ങൾ ഏതെങ്കിലും ഒരു ജന്മത്തിനനുഷ്ഠിച്ചേ തീരും ഇത്തരം സാധന പരമ്പരയിലൂടെ തന്നെ പോകാതെ മുക്തി നേടുന്നതായി നമ്മൾ മഹാത്മാക്കളുടെ ജീവിതത്തിലെല്ലാം കാണുന്നുണ്ട് അത് ഏതെങ്കിലും ജന്മത്തിൽ സംഭവിച്ചിരിക്കും അതുകൊണ്ട് നമുക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ധരിച്ചു കളയാൽ അങ്ങനെ ധരിക്കാനും പാടില്ല കാരണം നമ്മളും ആ പട്ടികയിൽപ്പെടുകയാണെങ്കിൽ നമുക്കിതിന്റെ ആവശ്യമില്ല അല്ല ഈ പറയുന്ന സാധന കർക്കശമായ സാധന ആവശ്യമാണ് ആവൃത്ത ചക്ഷുവായി തന്നെ ഒരുവൻ മുന്നോട്ട് പോയാൽ ആൾക്കീ പറയുന്ന മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ അതാണ് ഇവിടെ ചോദിച്ചത് കിമർത്ഥം പുനരുദ്ധം മഹതാപ്രയാസേൻ ഇത് കഠിനമായ ഒരു പ്രയത്നമാണ് ഒരു ആയാസമുള്ള പ്രവൃത്തിയാണ് കാലം എന്തുകൊണ്ട് സഹജമായ പ്രവർത്തനങ്ങളെ നിഷേധിക്കുക അല്ലെങ്കിൽ അതിനെ നിരോധിക്കുക നിയന്ത്രിക്കുക ഏതായാലും നിരോധിച്ചനുസരിച്ച് നിയന്ത്രിച്ചാനുസരി അത് വളരെ ആയാസം ഉണ്ടാക്കുന്നതാണ് വളരെ ആന്തരിക സംഘർഷം ഉണ്ടാക്കുന്നതാണ് വിശപ്പും ദാഹവും വിസർജ്ജനവും മറ്റും സഹജമായ പ്രവൃത്തികളാണ് ശരീരത്തിന് അതിനാരെങ്കിലും ഒരാൾ തടയാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ വളരെ ക്ലിഷ്ടമാണത് വിശപ്പിനെ തടയാൻ ശ്രമിക്കുക ദാഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അതുപോലെ ക്ലിഷ്ടമായൊരു കാര്യം തന്നെയാണ് ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഒരാൾ വിശപ്പിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് ഭക്ഷണം വേണ്ടെന്ന് വെച്ചാൽ എത്ര സമയമാക്കിയിരിക്കാൻ പറ്റും അതിനെന്തുമാത്രം ക്ലിഷ്ടതയുണ്ടോ അത്രയും ക്ലിഷ്ടതയുണ്ട് ഇവിടെ പറയുന്ന ഈ പറയുന്ന ആവൃത്ത ചക്ഷുവാകാൻ പക്ഷെ അതിന്റെ ഗൌരവത്തെ ഒരാൾ വിസ്മരിച്ചുകൊണ്ട് അതിനെ ലാഘവമായി കണ്ടുകൊണ്ട് ഒരാൾക്ക് ആത്മീയമാർഗ്ഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അത് ജന്മ ജന്മാന്തരങ്ങളുടെ സാധനയിലൂടെ ഒരുവൻ സമ്പാദിക്കേണ്ടതാണ് എന്നുള്ളൊരു സത്യമാണ് ആ സത്യത്തിൽ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്തെങ്കിലും മായം ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ ആയാലും ശരി ഇങ്ങനെ ആയാലും ശരി ഇതെല്ലാം സാധനയാണെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല ഇതൊരു സത്യം തന്നെയാണ് ചിലപ്പോൾ അതിന് നമുക്ക് കഴിയില്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന മാർഗമാണ് ശരിയായ സാധനമാർഗം എന്ന് അവകാശപ്പെടുന്നതിൻ്റെ അർത്ഥമില്ല ശ്രുതി പറയുന്നത് അവിടെ നിർദാക്ഷിണ്യം നേരത്തെ പറഞ്ഞു ശ്രുതിക്ക് അങ്ങനെ യാതൊരു ദയവുമില്ല പറയേണ്ട കാര്യം അത് ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നു കാരണം മായ നിന്നെ ഹിംസിച്ചിരിക്കുകയാണ് ജീവന് ഹിംസയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ അതിന് കർക്കശമായ സാധനയെ ഒരാൾ സ്വീകരിച്ചാലേ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ വിസ്മരിക്കരുത് വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാനതൊന്നുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ അടുത്ത മന്ത്രത്തിലേക്ക് കടക്കുന്നതിനായി ഭാഷകാരം പറയുകയാണ് യവത്സ്വാഭാവികം പരാഗേ അനത്മദർശനം താത്മദർശന പ്രതിബന്ധകാരണ അവിദ്യത് പ്രതികൂലയാക്ഷുപ്രദർശിത ദൃഷ്ടേഷു ഭൂ തൃഷ ൃാം സർവജീവന്മാരുടെ ഈ അവസ്ഥയെക്കുറിച്ച് പറയുക എന്താണ് ആത്മദർശനം പ്രതിബന്ധിക്കപ്പെട്ടവരായി ഈ സംസാര ഉത്തരപ്പെട്ടിരിക്കുകയാണ് തടയപ്പെട്ടിരിക്കുന്നു അതങ്ങനെ സഹജമായി തന്നെ തടയപ്പെട്ടിരിക്കുന്നു പറയുന്നത് സ്വാഭാവികമായി ശാസ്ത്രാനപേക്ഷിതം ഗുരു ഉപദേശാനപേക്ഷിതമായി ഈ അവസ്ഥയിൽ തുടരുന്നതിനും ഈ അവസ്ഥയിൽ എത്തുന്നതിനും ശാസ്ത്രം സഹായിച്ചിട്ടില്ല ഗുരു ഉപദേശിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സ്വാഭാവികം അനാദിയായി കാലാതീതമായി ജീവന്റെ സംസരണം ഇതെങ്ങനെ പരാഗേവ പ്രത്യേക അല്ല പരാഗ് വിപരീതമായി ബഹുമുഖമായി എന്ത് ചെയ്യുന്നു അനാത്മദർശനം അതാത്മാവിനെ കാണുന്നു അല്ലെങ്കിൽ അനാത്മാവിനെ ആത്മാവായി കാണുന്നു ശരീര ഇന്ദ്രിയങ്ങളിലെല്ലാം ഞാനെന്നുള്ള ബോധം ദൃഢമായിരിക്കുന്നു ഇതാണെന്ത് തത് ആത്മദർശന പ്രതിബന്ധ കാരണം ഇതാണ് ആത്മദർശനത്തിന് പ്രതിബന്ധമായിരിക്കുന്നത് ഇതിന് അവിദ്യ എന്ന് പറയുന്നു അവിദ്യ എന്തുകൊണ്ട് തത് പ്രതികൂലത്ത അത് വിദ്യയ്ക്ക് ആത്മദർശനത്തിന് പ്രതികൂലമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിദ്യ എന്ന് വിളിക്കുന്നു യാചൊന്നാണോ പരോക്ഷേപ അവിദ്യ ഉപദർശിതേഷു ദൃഷ്ടാദൃഷ്ടേഷു ഭോഗേഷു ദൃഷ്ടാദൃഷ്ടങ്ങളായ ഭോഗങ്ങൾ സുഖദുഃഖങ്ങൾ മുഖ്യമായിട്ട് സുഖം ദുഷ്ടമായ സുഖങ്ങളുണ്ട് ഈ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയസുഖങ്ങൾ അദൃഷ്ടസുഖങ്ങളുണ്ട് മരണശേഷം പരലോകത്തിൽ അനുഭവിക്കുമെന്ന് വരുന്ന സുഖം അവിദ്യ ഉപദർശിതേഷു അവിദ്യ കാണിച്ചു തരുന്നതാണ് വിദ്യ വെളിപ്പെടുത്തി തരുന്നതാണ് ഈ സുഖങ്ങൾ ഇതിലുള്ള തൃഷ്ണ ഇതിലുള്ള ആഗ്രഹം ഇതുകൊണ്ടും താഭ്യാം രണ്ടു കാര്യങ്ങളൊന്ന് അവിദ്യ മറ്റൊന്ന് തൃഷ്ണ ഇത് രണ്ടുകൊണ്ടും ആത്മദർശനത്തിന് പ്രതിബന്ധമായിരിക്കുന്ന അനാത്മദർശൻ ഇത് അവിദ്യ അതുകൊണ്ടുണ്ടാകുന്ന വിഷയതൃഷ്ണ സുഖേച് അതാണ് അവിദ്യ തൃഷ്ണ ഇത് രണ്ടും കൊണ്ട് എന്ത് ചെയ്യുന്നു പ്രതിബദ്ധ ആത്മദർശനാഹ ആത്മദർശനം തടയപ്പെട്ടവരായിരിക്കുന്നു സർവ്വജീവന്മാർ അതാണ് അടുത്ത മന്ത്രത്തിൽ വിശദീകരിക്കുന്നത് അപ്പോൾ ഇവിടെ ആത്മദർശനത്തിന് തടസ്സമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭോഗേച്ഛ സുഖേച്ഛ മറ്റൊന്ന് അവിദ്യ അനാത്മദർശനം അങ്ങനെയുള്ള ജീവന്റെ അവസ്ഥ എന്താണ് എന്നാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് പരാജ കാമാൻ അനുയന്തി ബാലാഹ മൃതോർന് വിത താശം അഥ ധീരാ അമൃത ത്വ വിധ്രുവം അധ്രുവേഷ്യാർയന്ദേഹർഗദാ കാമ്യൻ വിഷയാൻ അനുയന്തി അനുഗന്തി ബാലാഹ അൽപ്രജ്ഞാഹത്തെ ബാലന്മാരുടെ കാര്യം പറയുന്നു ബാലാഹ ആരാണ് അൽപപ്രജ്ഞാഹ വിവേകമില്ലാത്തവർ ധീരഹ എന്ന് നേരത്തെ പറഞ്ഞു അതിന് വിപരീതമായിട്ടുള്ളവർ അൽപപ്രജ്ഞ അവരെന്ത് ചെയ്യുന്നു പരാച കാമാൻ പരാച അതിന് വ്യാഖ്യാനിക്കുന്നു ബഹിർഗതാനവ കാമാൻ ബഹിർഗതങ്ങളായിരിക്കുന്ന പുറമേയുള്ളതി പിന്തുടരുന്നു വിഷയങ്ങളെ പിന്തുടരുന്നു ഭോഗ്യവിഷയങ്ങളെ പിന്തുടരുന്നു അവിവേകികൾ നേരത്തെ പറഞ്ഞു ഈശ്വരന്റെ അഹിംസക്കനുസരിച്ച് മായാധീനരായി ബാഹ്യവിഷയങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവിവേകികൾ മൃത്യോർ അവിദ്യ കാമകർമ്മസമുദായ വിസ്തീർണോ വ്യാപ്ത പാശം പാശ്യംയോഗ വിയോഗലക്ഷണം അനവരത ജന്മ മരണ ജര രോഗാദി അനേക അർത്ഥവ്രാതം പ്രതിപദ്ന്തി ഈ അല്പപ്രജ്ഞന്മാർ വിഷയോന്മുഖമായി ജീവിക്കുന്നതുകൊണ്ട് അവർക്കെന്ത് സംഭവിക്കുന്നു തേന കാരണേന അക്കാരണം കൊണ്ട് അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സുകളും വിഷയ വ്യാപ്തമായിരിക്കുന്നത് കൊണ്ട് അവർ മൃത്യോഹോ മൃത്യുവിന്റെ ായിരിക്കുന്നു മൃത്യോഹോ സമുദായ അവിദ്യ കാമകർമ്മം ഇതിനാണ് മൃത്യു എന്ന് പറയുന്നത് അവിദ്യ നേരത്തെ പറഞ്ഞു അനാത്മദർശനം അതുകൊണ്ടുണ്ടാകുന്ന തൃഷ്ണ വിഷയതൃഷ്ണ അതാണ് കാമം അതിന്റെ ഫലമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കർമ്മങ്ങൾ പ്രവൃത്തികൾ കാമപൂർത്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങനെ അവിദ്യ കാമകർമ്മ സമുദായം ആ സമുദായത്തിന്റെ യന്തി ഗച്ഛന്തി എന്ത് വിതതസ്യ വിസ്തീർണസ്യ സർവ്വതോ വ്യാപ്ത പാശ ആ വിദ്യയുടെ പാശത്തെ അവർ പ്രാപിക്കുന്നു അവിദ്യയുടെ കെട്ടിൽപ്പെടുന്നു എന്നാണ് വിതതസ്യ പാശം അതിവിസ്തീർണ്ണമായിരിക്കുന്ന ആ പാശത്തെ ആ വലയിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സർവതോ വ്യാപ്തം അതിന്റെ അർത്ഥമാണ് സർവവ്യാപ്തമായിരിക്കുന്ന പാശം പാശമെന്ന് പറഞ്ഞാൽ എന്താണ് പാശ്യത ബേനത്തം പാശം ബന്ധിക്കപ്പെടുന്നതിനാണ് കെട്ടുന്നതിനാണ് കയറെന്ന് പറയുന്നത് പാശം കയർ അതിൽപ്പെട്ടിരിക്കുന്നു അവിദ്യയുടെ കെട്ടിൽപ്പെട്ടിരിക്കുന്നു എന്ന് വിദ്യയുടെ ഘട്ടം പറയുന്ന എന്താണ് അവിദ്യ കാമകർമ്മങ്ങളാണ് അജ്ഞാനം കൊണ്ട് കാമിക്കുന്നു കാമന കൊണ്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ഈ പ്രവൃത്തി മണ്ഡലത്തിൽ സ്വരൂപത്തെ വിസ്മരിച്ച് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ദേഹേന്ദ്രിയാദി സംയോഗവിയോഗലക്ഷണം ദേഹേന്ദ്രിയാദികളുമായി ചേരുക അതിൽ നിന്ന് വിട്ടുപോവുക അതുതന്നെ ആ ബന്ധനം ദേഹേന്ദ്രിയാദി സംയോഗം എന്ന് പറയുന്നത് ജന്മമായി അതിൽ നിന്നുള്ള വിയോഗം എന്ന് പറയുന്നത് മരണമായി അപ്പൊ ജന്മ മരണങ്ങളിൽ ആവർത്തിച്ചാർത്തിച്ച് ഈ ജീവന്മാർ ജന്മ മരണങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്നു ആ പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന പരമാർത്ഥ സത്യത്തെ ഇവിടെ ശ്രുതി ബോധിപ്പിക്കുകയാണ് അത് വിശദീകരിക്കുന്നു അനവരത ജന്മ മരണ ജരാരോഗാദ്യ അനേക അനർത്ഥ ജാതം അനർത്ഥം വ്രാതം പ്രതിപദ് ഇത്യർത്ഥ അനവരതമായി നിരന്തരമായി ജന്മം മരണം ജര വാർദ്ധക്യം രോഗം തുടങ്ങി അനേക അനർത്ഥം അനേകത്തെ പ്രാപിക്കും ജന്മം തുടങ്ങി മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ ദുഃഖ അനുഭവങ്ങളെല്ലാം കൂടിച്ചേർത്തിട്ടാണ് ഇവിടെ ജരാമരണം എന്നെല്ലാം പറഞ്ഞത് രോഗം ഇതൽ ഇതിൽ പ്രതിബന്ധ ഇതിനെ പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം എന്തുകൊണ്ട് ബാഹ്യവിഷയങ്ങളെ പിന്തുടർന്നവർ ബാഹ്യവിഷയങ്ങളെ പിന്തുടർന്നിടത്തോളം കാലം ജന്മമരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അവിടെ രോഗം തുടങ്ങി അനേക കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം ഇപ്പോൾ രോഗം വന്ന് ചികിത്സിച്ചു അസുഖം മാറുന്നു ആത്യന്തികമായ ദുഃഖ നിവൃത്തി അവിടെ ഉണ്ടാകുന്നില്ല ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ പ്രാഥമികമായ പരിഹാരം താത്കാലികമായ ദുഃഖനിവൃത്തി അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു അത് നല്ലത് തന്നെ പക്ഷെ ആത്യന്തികമായ ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം കാണിച്ചുകൊടുക്കുക അതാണ് ശ്രുതി ചെയ്യുന്നത് നമ്മൾ താൽക്കാലികമായ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു ശ്രുതി പറയുന്ന എന്താണ് താത്കാലികമായ ദുഃഖ നിവൃത്തി അത് തൽക്കാലത്തേക്കെയാണ് വിവേകമില്ലാത്ത മനുഷ്യനെ സംതൃപ്തിപ്പെടുത്തുന്നതാണ് പക്ഷെ വിവേകി ആഗ്രഹിക്കുന്ന എന്താണ് ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് ഇന്നിപ്പോൾ മനുഷ്യൻ ആത്മീയത സമീപിക്കുന്നതും എന്തിനു താത്കാലിക ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയുള്ള ഒരാൾ അതുകൊണ്ട് താത്കാലിക ദുഃഖി നിവൃത്തി നേടുന്നെങ്കിലായിക്കോട്ടെ പക്ഷെ ഇതുകൊണ്ടൊരാൾ ആഗ്രഹിക്കേണ്ടത് എന്താണ് ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് താത്കാലിക ദുഃഖ നമ്മൾ നേടേണ്ടതും മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കേണ്ടതും പരവുമായി ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ് എന്നാണ് ശ്രുതിയുടെ ിക്കുന്നത് ആർത്ഥോ ജിജ്ഞാസൊരർത്ഥാർത്ഥി ജ്ഞാനി എല്ലാവരും ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ നേടിയവരോ ആണ് ദുഃഖ നിവൃത്തി പക്ഷെ പരമമായ ദുഃഖ നിവൃത്തിയാണ് അതിനുള്ള മാർഗമാണ് മനുഷ്യന് ശ്രുതി ഉപദേശിച്ചു തരുന്നത് മറ്റത് തൽക്കാലാശ്വാസത്തെ തരത്തെ അതുകൊണ്ടിവിടെ പറഞ്ഞു അനേക അനർത്ഥ ജാതത്തെ പ്രാപിക്കുന്ന ഈ ബഹിർഗതമായ ജീവന്റെ ഈ അവസ്ഥ ഇതിൽ നിന്ന് മോചനം നേടണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് യഥം കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് അധ തസ്മാരാ വിവേകിന അധീരാഹ അടുത്ത് മന്ത്രഭാഗത്ത് വ്യാഖ്യാനിക്കുകയാണ് വിവേകിന പ്രത്യേകാത്മസ്വരൂപ അവസ്ഥാനലക്ഷണം അമൃതത്വം പ്രത്യേകാത്മസ്വരൂപം സ്വസ്വരൂപം അതിനുള്ള അവസ്ഥാനം നിഷ്ഠ തത്സ്വരൂപം ആ രൂപത്തിലുള്ള അമൃതത്വം മോക്ഷത്തെ ധ്രുവം വിധിത്വ താത്കാലിക ദുഃഖനിവൃത്തിയല്ല മറിച്ച് പ്രത്യേകാത്മ സ്ഥിതിയാണ് അതാണ് അമൃതത്വം അതാണ് നിത്യമായ അമൃതത്വം എന്ന് വിധിത്വ അറിഞ്ഞിട്ട് അമൃതത്വം ഹി അധ്രുവം ദേവാദികളുടെ അമൃതത്വം പോലും ദേവന്മാരും മറ്റും പ്രാപിച്ചിരിക്കുന്ന ആ അമൃതത്വം പോലും അനിത്യമാണ് അധ്രുവം ഇതെന്തോ പ്രത്യേകാത്മ സ്വരൂപ അവസ്ഥാന ലക്ഷണം പ്രത്യേകാത്മ സ്വരൂപത്തെ പ്രാപിക്കുക ഇത് ആണെങ്കിലും അധ്രുവമാണ് ഇത് നിത്യമാണെന്നറിഞ്ഞിട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടത്ര വിവേകമുള്ളവൻ നമ്മണ വർദ്ധതാൻ കർമ്മം കൊണ്ടിത് കൂടുന്നതല്ല സ്വർഗീയസുഖങ്ങൾ കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് ഇത് നനിയാൻ കുറയുന്നതുമല്ല കൂടുന്നതുമല്ല അങ്ങനെയുള്ള നിരതിശയമായ സുഖത്തെ ആനന്ദത്തെ പ്രാപിച്ചിട്ട് തത് ഏത് ദൈവം ഭൂതം ഇത്തരത്തിലുള്ള കൂടസ്ഥം അതിന് വ്യാഖ്യാനിക്കുന്നു അവിചാല്യം അമൃതത്വം ഒരിക്കലും വിചലി ക്കാത്തതായ അമൃതത്വം ഒരിക്കലും മാറ്റമില്ലാത്തതായ മോക്ഷത്തെ വിധിത്വ സാക്ഷാത്കരിച്ചിട്ട് ആ പദവിയിലെത്തിയിട്ട് മോക്ഷ പദവിയിലെത്തിയിട്ടൊരുവൻ ധ്രുവേഷു അധ്രുവേഷു സർവപദാർത്ഥേഷു അനിത്വേഷു നിർധാര്യ ഈ സർവപദാർത്ഥങ്ങളും അനിത്യങ്ങളായിരിക്കുന്ന സർവ്വ പദാർത്ഥങ്ങൾ ഇതിലൊന്നും അമൃതത്വമില്ല എന്ന് നിശ്ചയിച്ചിട്ട് ബ്രാഹ്മണാ ബ്രാഹ്മണൻ വിവേകിയായിട്ടുള്ള ജീവൻ ഇഹ സംസാരെ അനർഥപ്രായേ നേരത്തെ പറഞ്ഞ വിവേകിയായിട്ടുള്ള ആ ബ്രാഹ്മണൻ ഈ സംസാരത്തിൽ അനർത്ഥപ്രായെ അനർത്ഥ ബഹുളെ അനർത്ഥ ബാഹുല്യമുള്ള ഈ സംസാരത്തിൽ എന്ന പ്രാർത്ഥയന്റെ കിഞ്ചിതവി ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല അമൃതത്വം എന്താണെന്ന് മനസ്സിലായവൻ ഈ സംസാരത്തിൽ തുച്ഛമായി ഒന്നിനി അവൻ ആഗ്രഹിക്കുന്നില്ല കിഞ്ചിതവി യാതും ഇവിടെ നേടാവുന്നതൊന്നും അവൻ നേട്ടമായി കരുതുന്നില്ല പ്രത്യേകാത്മദർശന പ്രതികൂലത്വ ഇവിടെ എന്ത് നമ്മൾ നേടിയാൽ ാഹ്യമായി അതെല്ലാം പ്രത്യേകാത്മദർശനത്തിന് പ്രതികൂലമാണ് ആത്മനിഷ്ഠയ്ക്ക് പ്രതികൂലമായ ഒന്നിനെ അവൻ സ്വീകരിക്കുന്നില്ല എന്നു ഇത് മനസ്സിലാക്കുന്നവൻ ഇതെല്ലാം അനിത്യമാണെന്ന് മനസ്സിലാക്കുന്നവൻ ഇവിടെ ഒന്നിനെയും സ്വീകരിക്കുന്നില്ല അത്രയും ദൃഢമായ വിവേകമുള്ളവൻ അല്ലാത്തവൻ ഇതിനിടെ മീണവും ദൃഢമായ വിവേകമുള്ളവൻ മറ്റൊന്നിനെയും സ്വീകരിക്കുന്നില്ല എന്തിനാ സ്വീകരിക്കുന്നില്ല പുത്ര വിത്ത ലോക യേശനാഭ്യോ വിഷ്ഠന്തിയേവ ഇത്യർത്ഥ പുത്രേഷണ പുത്രൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കാമകർമാധീനമായിരിക്കുന്ന ആഗ്രഹങ്ങൾ വിത്തം ധനം ലോകം ഇനി ലോകത്തിലുള്ള യേശസ് കീർത്തി സൽപേര് പരലോക ഇതെല്ലാം ലോകത്തിൽപ്പെടും ലോകമെന്ന് പറയുന്നത് രണ്ടർഫോൺ ഈ ലോകത്തിൽ ഒരുവൻ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന യശസ് സൽ പേർ കീർത്തിയാതും പരലോകവും ആഗ്രഹം ഈശനാബോ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യഷ്ട ഇത്തരം ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം അവൻ മോചിതനായിത്തീരുന്നു എന്തുകൊണ്ട് ഇതെല്ലാം ആത്മദർശനത്തിന് പ്രതികൂലമാണ് അതുകൊണ്ടവൻ ഇതിൽ നിന്നെല്ലാം മോചിതനായി സ്വാത്മനിഷ്ഠനായി ആത്മാരാമനായി ർ അതിനുള്ള ശരിയായ വിവേകം ഉള്ളവൻ എന്നാണ് അതാണ് ധ്രുവം അധ്രുവേഷു ഇഹെന്ന പ്രാർത്ഥയൻ്റെ അധ്രുവങ്ങളായിരിക്കുന്ന ഈ പ്രാപഞ്ചിക കാര്യങ്ങളിൽ പ്രപഞ്ച വ്യവഹാരങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇതിലെല്ലാം നിലനിന്നുകൊണ്ട് അധ്രുവമായ മോക്ഷത്തെ പ്രാപിക്കാൻ കഴിയില്ല എന്നറിയുന്നതുകൊണ്ട് ഇവൻ ഇതിലൊന്നിനും തന്നെ സ്ഥായിയായി ഒന്നിനെ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം ഈ സംസാരത്തിൽ ഉള്ളിൽ ഈ സംസാരത്തിൽ നിന്നുകൊണ്ട് ഈ സംസാരത്തിലെ എന്തെങ്കിലും തുച്ഛമായ മോക്ഷത്തെ അല്ല അവൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ഈ സംസാരത്തെ വിട്ടിട്ടുള്ള മോക്ഷത്തെയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം അവൻതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ചുകൊണ്ടുപോകാൻ പറ്റത്തില്ല ചെണ്ട് പറയുമല്ലോ ഭൗതിയും ആത്മീയം കൂടി ഒരുമിച്ചുകൊണ്ടുപോവുകയാണ് ഞങ്ങളെന്ന് പറയും രണ്ടും കൂടി ഒരുമിച്ചിരിക്കുന്ന വിരളും വെളിച്ചും ഒരുമിച്ചിരിക്കത്തില്ല ഭൗതികം എന്ന് പറഞ്ഞാൽ സംസാരം ആത്മീയം എന്ന് പറഞ്ഞാൽ മോക്ഷം പിന്നെ രണ്ടിനെയും കൂടി ഒരുമിച്ചുകൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മീയതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കും ഇവിടെ ജീവിച്ചുകൊണ്ടേ ആത്മീയതയ്ക്ക് വേണ്ടി പരിശ്രമിക്കാൻ പറ്റും പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ചു കൊണ്ടുപോവുക ഉം ഞാൻ രാമനെയും കാമത്തെയും ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല രാമനും കാമവും രണ്ടും ഒരിടത്തിരിക്കത്തില്ല അപ്പൊ ഭൗതികവും ആത്മീയവും കൂടി ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മീയ മാർഗത്തെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും രണ്ടും കൂടി ശരിയാകത്തില്ല അതുകൊണ്ട് പറയുന്നു ഇത് അധ്രുവാണ് അധ്രുവമായ ഇതാണ് മോക്ഷം ധ്രുവമായി ഇതിൽ വിവേകി അധ്രുവുമായ മോക്ഷത്തെ ഒരുക്കാനും ആഗ്രഹിക്കുന്നില്ല ഇതിൽ നേടാമെന്ന് അവൻ കരുതുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പ്രവൃത്തി വേറെ നിവൃത്തി വേറെ എന്ന് വേറെ തിരിച്ച് അതൃപരംപ്പെട്ട് തിരിച്ചു വെച്ചത് അതുകൊണ്ടാണ് അവനങ്ങനെ ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം പിന്നെ നമ്മുടെ നമുക്കിത് രണ്ടും വേണം എന്നുണ്ടെങ്കിൽ പറയാം ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഒന്നേ കാണത്തുള്ളൂ ഫലത്തിൽ രണ്ടെന്ന് നമ്മൾ അവകാശപ്പെട്ടാണ് ഭൗതികമുണ്ടെങ്കിൽ അവിടെ ആത്മീയം കാണത്തില്ല ആത്മീയം ഉണ്ടെങ്കിൽ അവിടെ ഭൗതികവും കാണത്തില്ല രണ്ടും കൂടി ഒരുമിച്ചിരിക്കത്തില്ല എന്നർത്ഥം ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെയാണ് ഒരാൾ രണ്ടും ഒരുമിപ്പിക്കുന്നു എന്ന് പറയണമെങ്കിൽ ശരി പക്ഷെ അവിടെ ഏതെങ്കിലും ഒന്നേ നിലനിൽക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറിക്കുന്നത് അധ്രുവേഷു ധ്രുവം എന്ന് പ്രാർത്ഥിക്കേ ഈ ഭൗതികം ലോകം അത് അധ്രുവം തന്നെയാണ് അധ്രുവാണ് എന്നർത്ഥം പിന്നെ അവിടെ ധ്രുവത്തെ പ്രാർത്ഥിക്കുക അത് ഒന്നും നേടുന്നതല്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ ത്യാഗത്തിനും സന്യാസത്തിനും ഒന്നും ഒരു അർത്ഥമില്ലാതെ വരും ഇതെല്ലാം വ്യർത്ഥമാണ് ആചാര്യന്മാരെ ത്യാഗത്തിന്റെ മാർഗം സന്യാസത്തിന്റെ മാർഗം ഇതൊന്നും ഇതൊന്നും പ്രയോജനമില്ല എന്തുകൊണ്ട് ഭൗതിയോ ആത്മീയവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും എന്നൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ട് ആ ലോകത്തെ പിടിയാൻ പണ്ട് ഉപദേശിച്ചത് അതൊന്നും പ്രയോജനമില്ലാതായിത്തീരും അതുതന്നെ ശ്രുതി കൂടെ തറപ്പിച്ചു പറയും അധ്രുവേഷ ധ്രുവം എന്ന പ്രാർത്ഥന അതായിരിക്കണം ഒരു സാധനന്റെ നിലപാടും അധ്രുവുമായി പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് പിന്നെ ധ്രുവമായ ഒന്നിനെ നേടാം എന്നുള്ള ആശ ഉപേക്ഷിക്കുക ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് ഇരിക്കത്തില്ല ആചാര്യസ്വാമികൾ പറയുന്നത് പർവ്വതവത് അകമ്പ്യം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പർവ്വതം പോലെ പർവ്വതത്തിന്റെ പേര് തന്നെ എന്ന് ചലിപ്പിക്കാൻ കഴിയാത്താണ് ഇതിന്റെ ഈ വ്യത്യാസത്തെ ഇത് രണ്ടും രണ്ടു തന്നെയാണ് രണ്ടും ഒന്നാകത്തില്ല എന്ന് മന്ത്രത്തിൽ അവിവേകികൾ പരാജ കാമാൻ ബാഹ്യ കാമ്യ വിഷയങ്ങളെ അനുയന്തി പിന്തുടരുന്നു ആ ബാലന്മാർ അവിവേകികൾ മൃത്യോഹു മൃത്യുവിൻ്റെ സംസാരത്തിൻ്റെ ഇതത വിസ്തൃതമായ ആ സംസാരത്തിന്റെ പാശം എന്തി ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നുവേകൾ അമൃതത്വം വിധിത്വ അമൃതത്വത്തെ യഥാർത്ഥ മോക്ഷത്തെ മനസ്സിലാക്കിയിട്ട് ഇഹ ഈ ലോകത്തിലെ അധ്രുവേഷു അനിത്യ വിഷയങ്ങളിൽ ധ്രുവം മോക്ഷത്തെ ന പ്രാർത്ഥിയുടെ ആശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പാടെ ഉപേക്ഷിക്കുന്നു എന്നറിയാം पराचह कामान പരാജ കാ കാ തേ മൃത്യോര്യന്തി വിദസ പാശം അഥ ധീരാ അമൃതത്തും വിധ്രുവ്രുവ്യഹ നാർയന്തി